എന്നിട്ട് പറയപ്പെട്ടു ഓ ഭൂമി നീ നിന്റെ വെള്ളത്തെ വിഴുങ്ങുക ഓ ആകാശമേ നീ നിർത്തുക അങ്ങനെ വെള്ളം വറ്റി തീരുമാനം നടപ്പിലായി കപ്പൽ ജൂതിപർവതത്തിൽ ഉറച്ചുനിന്നു എന്നിട്ട് പറയപ്പെട്ടു അക്രമികളായ ജനതയ്ക്ക് നാശം